കേന്ദ്ര തശമന് ആത്മത പ്രാണ ആത്മ സ്മര ആത്മത ആക ആത്മദ ആപ ആത്മദ ആവിർഭാവതിരുഭാവോ ആത്മതു അന്നം ആത്മതോ ബലം ആത്മതു വിജ്ഞാനം ആത്മതു ധ്യാനം ആത്മദിത്തം ആത്മദ സങ്കൽപ്പത്മതോ മന ആത്മതോ വാഗ് ആത്മതു നമ ആത്മതോ മന്ത്ര ആത്മതർ ആത്മതം ശക്തസ്വരാജ്യം പ്രാപ്ത പ്രകൃത വിദുഷ സ്വരാജ്യപ്രാപ്തി കുറിച്ചാണ് പറഞ്ഞത് നമ്മുടെ സമ്യ സമ്യജ്ഞാനുള്ള സർവേഷ ലോകേഷു കാമചാരു ഭതി അയാളുടെ സ്വരാജ്യ പ്രാപ്തി സ്വരാജ്യസിദ്ധി ആത്മീയ സ്വാതന്ത്ര്യം അതിനെയാണ് പറഞ്ഞത് അപ്പോ അയാളുടെ വ്യവഹാരം എങ്ങനെയായിരിക്കും എന്തിനെ ആശ്രയിച്ച് വ്യവഹാരം നടക്കുന്നു അതിനു മുമ്പ് ഇവിടെ പറഞ്ഞ ഉപാസനകളും പറ്റും ഉപാസനകൾ ഇങ്ങനെ സ്വരാജ്യത്തെ പ്രാപിച്ചൊരു വേണ്ടിയല്ല ഉപാസന സാധനയാണ് അതാത് ഫലത്തെ കൊടുക്കുന്നതാണ് അവിടെ ഒരു തത്വജ്ഞനത്തിൻ്റെ തിനെ ആശ്രയിക്കുന്നുണ്ട് പക്ഷേ ഒരു തത്വജ്ഞനം വ്യവഹാരം ഉണ്ടല്ലോ തത്വജ്ഞൻ വ്യവഹരിക്കുന്നു അതുകൊണ്ടാണ് തത്വജ്ഞാനത്തെ ഉപദേശിക്കുന്നു തത്വജ്ഞാനത്തെ ഉപദേശിക്കുന്ന വ്യവഹാരമാണ് അപ്പം ആ വ്യവഹാരം എങ്ങനെ നടക്കുന്നു തത്വജ്ഞാനിയുടെ ആന്തരികമായ നില എന്താണ് സ്വരാജ്യം പ്രാപ്താത്മവിജ്ഞാനേത് സതീത സ്വാത്മദ സംവൃതോ തദ്വന്റെ ജാനീലവ്യവഹാരം അത് പ്രാക് സദാത്മവിജ്ഞാന സദാത്മവിജ്ഞാനം സദൈവ സൗമ്യം എന്ന് തുടങ്ങിയതുകൊണ്ടുള്ള സദാത്മവിജ്ഞാനം ആ വിജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് അന്യമായിട്ട് അയാൾക്കുണ്ടായിരുന്നു സ്വാത്മനോ അന്യസ്മാത് സതപ്രാദേഹി ഇവിടെ സദാത്മവിജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പും അയൊക്കെ സത്തിന്റെ അനുഭവമുണ്ട് അവിടെ എന്തായിരുന്നു സത്ത് സ്വാത്മനോ അന്യസ്മാസ പ്രാണാദേഹി നാമാന്ത സി ഉപ്പത്തിളയും പ്രാണാദി നാമാന്തം വരെയുള്ള ഇവിടെ മുമ്പ് അതിന്റെ ഉപാസനകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിനെ പരാമർശിക്കും അത് തന്നെ ആവണമെന്നില്ല എന്തായാലും ഓരോന്നും ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ ഘടകത്തെയും ആത്മബോധത്തിന് മുമ്പും അയാൾ സത്തായി അറിയുന്നു ഓരോന്നിൻ്റെയും സത്ത പ്രാണൻ സത്താണോ ഉന്നാമസത്താണോ ആശ്വാസസത്താണെങ്കിൽ ഓരോന്നിൻ്റെയും സത്ത അയാൾ അറിയുന്നുണ്ട് ആരെങ്കിലും അറിയുന്നുണ്ടോ അജ്ഞനായതുകൊണ്ട് ഇത് അസത്താണെന്ന് എല്ലാരും സർവത്തെയും സത്തായി തന്നെ അറിയുന്നു പക്ഷെ അത് പ്രാഗ്സദാത്മവിജ്ഞാനാണ് പ്രാണനെ അല്ലെങ്കിൽ ആകാശത്തെ എല്ലാം സത്തായിട്ട് അറിയുന്നത് ഇവിടെ പറയുന്ന സദാത്മവിജ്ഞാനം തമ്മിലുള്ള വ്യത്യാസമുണ്ടോ എന്താണോ സത്തായി അറിയുന്നത് ഒന്ന് അത് സ്വസ്വരൂപമാണ് സദാത്മ എന്നിട്ട് സ്വരൂപം സ്വസ്വരൂപമാണെന്ന് അറിയുന്നില്ല ആ സത്ത വസ്തുവിലുള്ള സത്ത അനുഭവിക്കുന്നുണ്ട് ആ വസ്തുവിൽ ഇരിക്കുന്ന സത്ത അത് പരമാത്മ സത്തയാണ് ആ സത്തയെ ആശ്രയിച്ചാണ് വസ്തു ഇന്ധനം നിൽക്കുന്നത് ആ സത്തയുടെ പ്രകാശത്തിലാണ് വസ്തു പ്രകാശിക്കുന്നത് ഇങ്ങനെയൊന്നും അറിയുന്നില്ല വസ്തുവിനെ വേറെ അറിയുന്നു ഇവിടെ പറയുന്ന സത് ഏകത്വ വിജ്ഞാനം അതില്ല ഈ സത്ത ഏകമാണ് അങ്ങനെയുള്ള ബോധമുണ്ട് അജ്ഞനും ജ്ഞാനും തമ്മിലുള്ള വ്യത്യാസം പ്രപഞ്ചത്തിലെ ഓരോ അംശങ്ങളും സത്താണെന്ന് പറയുന്നു പക്ഷെ സത്തത്തിന് സത്തയുടെ സത്താ സാമാന്യ ബോധമായതല്ല സത്താസാമാന്യ സാക്ഷാത്കാരം എന്ന് പറയുന്നില്ല മാത്രമല്ല ഓരോ വസ്തുവിനെയും സത്തായി അറിയുമ്പോൾ അയാൾ പ്രാധാന്യം കാണുന്നു പ്രാധാന്യനെ അറിയുന്നത് സത്തയല്ല വസ്തുവിനെയാണ് വസ്തുവിന് പ്രാധാന്യം വരുന്നു ആ വസ്തു മറിച്ച് തത്വജ്ഞനാണെങ്കിലോ വസ്തുവിനെ അറിയുന്നുണ്ട് പക്ഷെ അത് കേവലം നാമരൂപങ്ങളായി സത്തയിൽ പ്രകാശിക്കുന്നതായി ആ വ്യത്യാസത്തൂടെ പറയുകയാണ് ഏതും വശ്യതം മന്വാനസ്യം വിജാന അവൻ്റെ ദർശനം മനനം അനുഭവം അവൻ്റെ കാഴ്ചപ്പാട് തത്വജ്ഞന്റെ തത്വജ്ഞന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് തന്നെ കുറിച്ച് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് താനും പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം എന്നാണ് പ്രപഞ്ച വ്യവഹാരം ആ വ്യവഹാരത്തെക്കുറിച്ച് തത്വജ്ഞൻ എങ്ങനെയുള്ള നിയമം മണ്ണാണ് സിയ സദേവസോമീതം അനുഗ്രഹ സീതം എന്ന് പറഞ്ഞ് ഇതുവരെ പറഞ്ഞ രീതിയിൽ ഇതിനെക്കുറിച്ച് മനനം ചെയ്യുന്നവൻ അങ്ങനെ കാണുന്നവൻ ഇതിനെങ്ങനെ അനുഭവിക്കുന്നവൻ അവനെ സംബന്ധിച്ച് ആത്മദഹപ്രാണ ആത്മതഹ ആശ പറ ആത്മാവിൽ നിന്നാണ് അവന്റെ പ്രാണൻ ആത്മാവിൽ നിന്നാണ് ആശ ആത്മതഹ ആത്മാവിൽ നിന്നെന്നുള്ള മാത്രമാണ് ആത്മതഹ ആത്മാവിനെ ആത്മാവിനാൽ ആത്മാവിൽ നിന്ന് ആത്മാവിന്റെ ആത്മാവിൽ എന്തർത്ഥവും പറയാം ആത്മത എന്ന് പറയുമ്പോൾ അത് അഭിയാണ് പശിൽ പ്രത്യേകം തോന്നുന്നു അതിനെ യോജിപ്പിക്കാം ഏത് തരത്തിലും അതിനെ പറയാം അപ്പോൾ ആത്മാവിൽ നിന്നാണ് പ്രാണൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആത്മാവിന്റേതാണ് പ്രാണൻ അല്ലെങ്കിൽ ആത്മാവിലാണ് പ്രാണൻ അവനെ സംബന്ധിച്ച് പ്രാണൻ ആത്മാവ് തന്നെയാണ് എങ്ങനെയാണോ പറയാം അതുപോലെ ഞാൻ എന്താ ആത്മാവിനെ പ്രാണനാക്കുക അതുപോലെ ഓരോന്നും ആത്മതഹാശ ആത്മതസ്മര ആത്മതാകാശ ഒന്നും ഭൂപാസനയ്ക്ക് വേണ്ടി പറഞ്ഞതിൻ്റെ അടുത്ത് പറയുന്ന സർവ്വ വ്യവഹാരങ്ങൾക്കും ഇത് തുല്യമാണോ ഇപ്പൊ ആത്മാവിനെ ആണ് സർവമെന്ന് പറഞ്ഞാൽ എന്തോ ആത്മാവ് യോഗമാണ് അതിൽ ദ്വന്ദ്വുമില്ല അതിൽ വ്യവഹാരമില്ല ആത്മാവിന് രണ്ടായി പിരിഞ്ഞു നിന്ന് വിവഹരിക്കാൻ സാധ്യമല്ല കാരണം അത് സർവാധാരമായിരിക്കുന്നതാണ് പിന്നെ ആത്മാവിനെ അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് എന്ന് പറയുന്നത് ദ്വൈതത്തെ ആശ്രയിച്ചിട്ടാണ് ദ്വൈതത്തെ ആശ്രയിച്ച് അങ്ങനെ പറയാൻ പറ്റും രണ്ടുള്ളടത്തേ അത് പറയാൻ പറ്റും ആത്മാവിൽ നിന്ന് പ്രാണനുണ്ടായിന്ന് പറയട്ടെ അപ്പൊ ആത്മാവും പ്രാണനും വേണ്ടേ അപ്പൊ ആത്മാവിനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം അത് ഏകമാണ് അദ്വൈമാണ് അത് മാത്രമല്ല ആത്മശബ്ദം പ്രയോഗിക്കുന്നെന്തിനു വേണ്ടി ബ്രഹ്മശബ്ദം പ്രയോഗിക്കുന്നു ബ്രഹ്മശബ്ദം പ്രയോഗിക്കുന്നിടത്ത് തന്നെ ആത്മശബ്ദവും പ്രയോഗിക്കുന്നു തശ്ദം പ്രയോഗിച്ചതുപോലെ തന്നെ മറ്റെല്ലാ ശബ്ദങ്ങളും പ്രയോഗിക്കുന്നതിനീ തത്വത്തെ കാണിക്കുന്നതിന് ആത്മശബ്ദം പ്രയോഗിക്കുന്നതിനൊരു പ്രത്യേക താല്പര്യമുണ്ട് ആത്മശബ്ദത്തിന് മാത്രമേ സ്വസ്വരൂപം എന്നുള്ള അർത്ഥമാണ് സ്വത്തം എന്ന് പറഞ്ഞാൽ അർത്ഥം വരുന്നില്ല ബ്രഹ്മ എന്ന് പറഞ്ഞാൽ സ്വരൂപം എന്നുള്ള അർത്ഥമല്ല ബ്രഹ്മ ബൃഹത് സത്വം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത് ആത്മശബ്ദത്തിന്റെ അർത്ഥം അതല്ല സ്വരൂപം ആത്മശബ്ദത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ് ആരുടെ സ്വരൂപം പറയുന്നവൻ്റെ കേൾക്കുന്നവൻ്റെ അജീവന്റെ സ്വരൂപം അത് മാത്രമല്ല സർവത്തിൻ്റെയും സ്വരൂപം ഇവിടെ പറയുന്നു ആത്മാവിൽ നിന്നാണ് സ്വസ്വരൂപത്തിൽ നിന്നാണ് എന്ന് പറയുന്നത് നിന്നെങ്ങനെ ഇതെല്ലാം ഉണ്ടാകും സ്വസ്വരൂപത്തിൽ നിന്നതെല്ലാം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ സ്വസ്വരൂപത്തെ ഇതിനോടൊക്കെ ബന്ധപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകവും അദ്വൈകവുമായിരിക്കുന്ന ഈ സ്വരൂപത്തിന് ഇതുമായിട്ടൊക്കെ എങ്ങനെ ബന്ധപ്പെടാൻ വരും ദ്വൈതമില്ലാതെ ഇങ്ങനെ ബന്ധം വരും രണ്ടുള്ളടത്തല്ലേ പരസ്പര ബന്ധമുള്ളൂ ഒന്നിലെങ്ങനെ ബന്ധം വരുന്നു വിടെ പറഞ്ഞു എന്താണ് ആ സ്വരാജ്യത്തെ പ്രാപിച്ചവൻ ആത്മീയ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുന്നവന് ആത്മീയ സ്വാതന്ത്ര്യം എങ്ങനെ അതിനവിടെ പറഞ്ഞു ഏവം ഇത് സ്വരൂപബോധം കൊണ്ട് അതിനോട് പ്രാധാന്യം അതുകൊണ്ടാണ് അവനാത്മാവ് സ്വതസിദ്ധമാണ് അതിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല അത് നിത്യശുദ്ധ ബുദ്ധമുക്തമാണ് അതുകൊണ്ടെന്താ ജീവനെന്താ പ്രയോജനം അവൻ വീണ്ടും സംസാരത്തിലല്ലേ ആത്മാവ് മുക്തം ആയിരുന്നിട്ടും അവൻ ബദ്ധനല്ലേ അപ്പോ ആത്മാവിൽ നിന്ന് പ്രാണൻ അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് ആകാശം എന്നെല്ലാം പറയുന്നതിന്റെ താല്പര്യം എന്താ അതും വ്യവഹാരത്തെക്കുറിച്ചാണ് പറയുന്നത് സർവ്വോപ്യന്യു വ്യവഹാര ആത്മതാണ് ഭാഷകാരൻ പറയുന്നത് വ്യവഹാരത്തെ കുറിച്ച് പറയുക ഏകമായിരിക്കുന്ന ആത്മാവിനുസരിച്ച് എന്ത് വ്യവഹാരം നടക്കാനോ എന്ന് പറഞ്ഞ ഇതുവരെ ചർച്ച ചെയ്ത ഭൂമവിദ്യ അതിനെ കുറിച്ചാണ് പറയുന്നത് ആത്മവിദ്യ അവന്റെ സർവ്വ വ്യവഹാരങ്ങളും ആത്മബോധത്തിൽ നിന്നാണ് തത്വജ്ഞാനിയുടെ ആ വ്യവഹാരം ആത്മബോധത്തിൽ നിന്നാണ് ബന്ധ വ്യത്യാസം അജ്ഞന്റെ വ്യവഹാരവും തത്വജ്ഞാനിയുടെ വ്യവഹാരം അജ്ഞന്റെ വ്യവഹാരം കേവലം പ്രപഞ്ചബോധത്തിൽ ശരീരം ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചബോധത്തെ ആശ്രയിച്ച് അവന്റെ വ്യവഹാരം നോക്കും ഇതാണ് രണ്ടുപേരും മുന്നിൽ വേർതിരിക്കുന്നത് അതാണ് മുമ്പ് പറഞ്ഞത് ഇവിടെ നാമ തുടങ്ങി പ്രാണന് വരെ പറയുന്ന കാര്യങ്ങൾ പ്രപഞ്ചമാണ് ജ്ഞാനെന്നോ അജ്ഞാനിയെന്നോ വ്യത്യാസമില്ല എല്ലാവർക്കും അനുഭവപ്പെടുന്നതായിരുന്നു നാമം തുടങ്ങി പ്രാണാന്തം വരെയുള്ള കാര്യം സർവരം അനുഭവിക്കുന്നു അവർ പ്രപഞ്ചത്തെ പ്രപഞ്ചമായി തന്നെ അനുഭവിക്കുന്നു അതിന് വേറെ ഒന്നായിട്ടും അനുഭവിക്കുന്നില്ല പുസ്തകത്തെ കൊണ്ടാൽ പുസ്തകമായിട്ട് തന്നെ അനുഭവിക്കുന്നു ഞാൻ പ്രപഞ്ചബോധം അതിനെ ആശ്രയിച്ച് വ്യവഹരിക്കുന്നു പക്ഷെ ആത്മബോധത്തെ കുറിച്ച് ഇവിടെ എടുത്തു പറയും വിദ്വാൻ ദൈവം വിത്ത് ഇങ്ങനെ അറിയുന്നവൻ അപ്പോ അജ്ഞനിൽ നിന്ന് അവനെ വെറുതിരിക്കുന്നതവന് ആത്മബോധം അങ്ങനെ കേവല പ്രപഞ്ചബോധമല്ല ആത്മബോധം എന്നുവെച്ചാൽ സ്വരൂപബോധം ആത്മാന്ന് വെച്ചാൽ സ്വരൂപം അതെന്താ സ്വരൂപബോധം ഇതുവരെ എങ്ങനെയാണോ ഭൂമിവിദ്യയിൽ വിശദീകരിച്ച ആ രീതിയിൽ അത് തന്നെ കുറിച്ചുള്ള ബോധം സ്വരൂപം എന്ന് വെച്ചാൽ തന്റെ സ്വരൂപം തന്നെ കുറിച്ചുള്ള അവന്റെ ബോധം മാറുന്നു അജ്ഞനിന്ന് വ്യത്യസ്തമാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബോധവും മാറുന്നു ആ ബോധത്തിൽ നിന്നുകൊണ്ട് എല്ലാ വ്യവഹാരങ്ങളും വ്യവഹാരം എന്ന് പറഞ്ഞാൽ ശബ്ദസ്പർശ രൂപരസഗഗന്ധങ്ങളുടെ അനുഭവം അതിനനുസരിച്ചുള്ള വ്യവഹാരങ്ങൾ മനസിന്റെ സങ്കല്പവികല്പാദികൾ എല്ലാം ഈ ബോധത്തിലെന്ന് അപ്പോൾ ആ ബോധത്തിൽ നിന്ന് വ്യവഹാരത്തിൽ നമുക്ക് അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം മനുഷ്യനിപ്പോ വ്യവഹരിക്കുന്ന അവന്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ ആശയത്തിനാണ് ശബ്ദസ്പർശ രൂപ ഗന്ധത്തിലുള്ള വിഷയങ്ങളെ ബുദ്ധിയൊണ്ട് ഗ്രഹിക്കുന്നു ആ ഗ്രഹണം തുടങ്ങിയെല്ലാം വ്യവഹാരമാണ് അറിയുന്നത് വ്യവഹാരമാണ് അതിനെ തുടർന്ന് വരുന്ന ചിന്തകളും പ്രവർത്തികളും എല്ലാം വ്യവഹാരമാണ് പക്ഷെ ആ വ്യവഹാരത്തിന് ഈ അഞ്ചിന്ദ്രിയങ്ങളും ശരിയായിരിക്കും എന്നാലഹാരം പൂർണമാകത്തുള്ളൂ ഒരു ജീവനെ സംബന്ധിച്ച് അതിൽ തത്വജ്ഞാനം കൊണ്ടുള്ള വ്യവഹാരത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അഞ്ചേന്ദ്രിയങ്ങളും ഒരാൾക്ക് അത് മുഖ്യമായും അയാളുടെ വ്യവഹാരം ആശ്രയിക്കുന്ന ചക്ഷുരേന്ദ്രിയാണ് കണ്ണിന് ഈ ഇന്ദ്രിയത്തെ ആശ്രയിച്ചിട്ടാണ് പ്രധാനമായ വ്യവഹാരം കാരണം കാണുന്നു രണ്ടാമതേ വരുന്നുള്ളൂ ബാക്കിയുള്ളതിനക്കുക രുചിക്ക് രണ്ടാമതേ വരുന്നുള്ളൂ പ്രധാനം കണ്ണിനാണ് അതുകൊണ്ടാണ് പറയുന്നത് അവിടെയാണ് ഈ ജീവൻ ഇരിക്കുന്നത് അക്ഷി പുരുഷനെ കുറിച്ചൊക്കെ ഒന്നും ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ഇന്ദ്രിയ വ്യവഹാരത്തിന് അത് എന്തിനെ ആശ്രയിക്കുന്നത് പ്രകാശത്ത് പ്രകാശത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ആ വ്യവഹാരം കണ്ണ് അത് നൽകുന്നത് അതിനെ തുടർന്ന് വരുന്നു ബാക്കിയുള്ളതല്ല അതിന്റെ പ്രാധാന്യം എങ്ങനെ മനസ്സിലാക്കാം കണ്ണുള്ളവന്റെ വ്യവഹാരവും കണ്ണില്ലാത്തവന്റെ വ്യവഹാരവും നോക്കുക കാഴ്ചയില്ലെങ്കിൽ ഒരാളുടെ വ്യവഹാരം വളരെ രമാണ് മറ്റ് നാല് ഇന്ദ്രിയങ്ങളും ഉണ്ടെങ്കിലും ശരി കണ്ണില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എല്ലാം അവ്യവസ്ഥിതമായിത്തീരും മറ്റു ഇന്ദ്രിയങ്ങളെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരും ആ വ്യവഹാരത്തിന് ഒരു പൂർണത എന്താ സംഭവിക്കുന്നത് പ്രകാശത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരം നടക്കുക ശബ്ദസ്പൃശ്യൂപരസഗഗന്ധങ്ങളെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങളാണ് അന്ധന്റെ വ്യവഹാരം അങ്ങനെയാണ് നമുക്ക് പറയാമല്ലോ നമ്മുടെ എല്ലാ വ്യവഹാരം എന്ന് വെച്ചാൽ പ്രവൃത്തി എല്ലാ പ്രവൃത്തികളും എന്തിനു നമ്മുടെ ചിന്ത പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് അല്ലെ നമ്മൾ കണ്ടതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ഓർക്കുന്നു കണ്ടതിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നു മുഖ്യം കണ്ണിനെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾക്ക് പ്രകാശമാണ് മുഖ്യം അന്ധനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പ്രകാശത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങളില്ല അപൂർണത എന്ന് പറയും അവൻ അന്ധനാണ് എന്ന് പറഞ്ഞാൽ അവന് വ്യവഹാരം അപൂർണമായി പോയി പൂർണതയില്ല വ്യവഹാരത്തിന് അതിൻ്റെതായൊരു പൂർണ്ണതയുണ്ട് അത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയും അന്ധതമുണ്ട് അപ്പോ ആ ചക്ഷേന്ദ്രിയം കൊണ്ടുള്ള വ്യവഹാരത്തിന് ചിന്തയ്ക്കും വാക്കിനും പ്രവർത്തിക്കുമെല്ലാം എങ്ങനെ പ്രകാശ സഹായകമായിരിക്കുന്നു അതുപോലെ തത്വജ്ഞാനിയുടെ വ്യവഹാരത്തിന് ജ്ഞാന സഹായകമായിരിക്കുന്നു കണ്ണുള്ളവന് വെളിച്ചത്തിന്റെ സ്ഥാനമാണ് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം അതെന്താ അതിന്റെ വ്യത്യാസം അതിനുള്ള പറഞ്ഞു ഏവം പശ്യത ഏവം മന്വാനസ് ഏവാനുത അപ്പം ഇത് കുറിച്ച് മനനം ചെയ്യുന്നവന് അല്ലെങ്കിൽ ഈ ബോധമുള്ളവന് സ്വസ്വരൂപ ബോധമുള്ളവന് അത് മനസ്സിലാകും എന്താ തന്റെ വ്യവഹാരത്തിൽ വന്നിരിക്കുന്ന വ്യത്യാസം ഈ ഒരു ബോധമില്ലാതെ സ്വരൂപബോധമില്ലാതെയുള്ള തന്റെ വ്യവഹാരങ്ങൾ എങ്ങനെയായിരുന്നു സദാത്മവിജ്ഞാൻ ആ വിജ്ഞാനം കൊണ്ട് തന്റെ വ്യവഹാരത്തിൽ വരുന്ന മാറ്റം എന്താണ് വാക്കിലും പ്രവർത്തിയിലും ചിന്തയിലും എന്നുള്ളത് ഈ പറയുന്ന പ്രണയവും അതാണ് ആദ്യം പ്രണയവും പശ്യത മന്വാനസം വിജാനത ആ ആത്മനിഷ്ഠനത മനസ്സിലാകും അല്ലാത്തവനതൊരിക്കലും മനസ്സിലാകത്തില്ല കാരണം പ്രകാശത്തെ ആശ്രയിച്ചുള്ള ആ വ്യവഹാരം അതിൻ്റെ പൂർണ്ണത അന്ധനൊരിക്കലും മനസ്സിലാകത്തില്ല അന്ധനും വ്യവഹാരമുണ്ട് കണ്ണുള്ളവനെ പോലെ തന്നെ അവനും വ്യവഹരിക്കുന്നു പക്ഷെ ഒരു വ്യത്യാസമാണ് വ്യവഹാരം എൻ്റെ അടുത്തുണ്ടെങ്കിലും ഒരിടത്ത് പ്രകാശത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരമുണ്ട് ഒരിടത്ത് പ്രകാശത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരം ശരി അതെങ്ങനെ ഇരിക്കും സങ്കല്പിക്കാൻ കഴിയും അന്ധനെടുക്കലും പ്രകാശത്ത് സങ്കല്പിക്കാൻ നോക്കത്തില്ല ഒരു തരത്തിൽ അത് രണ്ടും രണ്ടു തലം അന്ധന ഏതെങ്കിലും തരത്തിൽ പ്രകാശത്തെ ഒന്ന് സങ്കല്പിക്കാൻ ശ്രമിച്ചാൽ പരാജയപ്പെടുത്തുള്ളൂ ഒരു തരത്തിലെയ്യാൻ പറ്റത്തില്ല ഭാവന കൂടി പറ്റുന്നു കാരണം പ്രകാശം അന്തനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും അന്യമാണ് ആ വ്യവഹാരത്തിന് പൂർണത നൽകുന്ന പ്രകാശം അന്തനെ സംബന്ധിച്ച് പൂർണമായും ശൂന്യമാണ് ഇല്ലാത്തതാണ് ആ പ്രകാശത്തിന്റെ സ്ഥാനമാണ് ഇവിടെ ജ്ഞാനിയുടെ ജ്ഞാനത്തിന് അന്ധന ദുരിക്കലും സങ്കല്പിക്കാൻ കൂടി സാധ്യത ഞാനീ സംബന്ധിച്ചിടത്തോളം ആത്മബോധത്തെ ആശ്രയിച്ച് സർവവ്യവഹാരവും നടക്കുന്നു എന്നുവെച്ചാൽ സ്വരൂപ ബോധത്തെ ആശ്രയിച്ചു അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ആത്മനിഷ്ഠനായിരിക്കുന്നു വിഷയനിഷ്ഠനല്ല വിഷയബോധമില്ലെന്നുള്ളതല്ല അന്ധനെ സംബന്ധിച്ചും വിഷയബോധമുണ്ട് അന്ധനവുമ്പനും വിഷയങ്ങളുണ്ട് അന്ധനം ചിന്തിക്കാനും അറിയാനും ആഗ്രഹിക്കാനുമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷെ അത് പ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടി ഒരു വിഷയമില്ല അന്ധതയിലുള്ള വിഷയമുണ്ട് പക്ഷെ അവിടെ വിഷയമുണ്ട് പണ്ണുള്ളവനുള്ളതുപോലെ തന്നെ വിഷയമുണ്ട് ഒരു ഒരു വ്യത്യാസം ഒഴിവാക്കിയത് അതുപോലെ ഇവിടെ ആത്മബോധമുള്ളവനും ബോധത്തെ ആശ്രയിച്ചുള്ള വിഷയങ്ങളുണ്ട് അവിടെ അങ്ങനെ പറയുന്ന ആത്മത പ്രാണ പ്രാണൻ ആശ സ്മരം മുമ്പ് എന്തെല്ലാം പറഞ്ഞു ആകാശം തേജസ് ആപ ഇന്നിട്ടെല്ലാം ആവിർഭാവത്തിരോഭാവങ്ങൾ ഉത്പത്തി പ്രളയങ്ങൾ ഇതെല്ലാം ഒരു ആത്മജ്ഞാനിയെ സംബന്ധിച്ചുകൊണ്ട് സ്വരൂപബോധമുള്ളവനെ സംബന്ധിച്ചുകൊണ്ട് വിഷയമില്ലെന്നല്ല പക്ഷെ രാജ്ഞന്റെ പോലെയല്ല അന്ധന്റേതുപോലല്ല അതുകൊണ്ട് തത്വജ്ഞാനിയുടെ വ്യവഹാരത്തെ ഇവിടെ സമർത്ഥിക്കുകയാണ് ഇവിടെ പറയുന്ന തത്വവിജ്ഞാനത്തിന്റെ ഫലം എന്താ സ്വാതന്ത്ര്യം സ്വരാജ്യം അതാണ് ഉദ്ദേശിക്കുന്നത് ചക്രവർത്തിയുടെ പദം തൻ്റെ മേളിൽ ആരുമില്ല തന്നെ നിയന്ത്രിക്കാനോ വഴിതെളിക്കാനോ ഒന്നും ആരുമില്ല എന്നുവെച്ചാൽ ദുസ്വാതന്ത്ര്യുണ്ട് ആത്മബോധത്തിൽ ഉള്ള സ്വാതന്ത്ര്യം അപ്പം അത് ആ സ്വാതന്ത്ര്യം എന്തിനാണ് പ്രയോജനപ്പെടുന്നത് വ്യവഹാരത്തിനാണ് വിലച്ചമില്ലാതെയും വ്യവഹാരം നൽകും പക്ഷെ വെളിച്ചം അതിന് സഹായിക്കുന്നു ആ വ്യവഹാരത്തിന് തന്നെ അതുപോലെ ആത്മബോധവും ആത്മബോധിയുടെ വ്യവഹാരത്തിന് സഹായിക്കും അത് നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതോ മനസ്സിനെ പരിശീലിപ്പിക്കുന്നതോ ആയ ബോധമൊന്നുമില്ല അത് കൃത്രിമായിട്ടുണ്ടാക്കാൻ പറ്റും വെളിച്ചത്തെ കൃത്രിമമായി ഉണ്ടാക്കാൻ പറ്റും അതിൽ വെളിച്ചത്തെ ഭാവന ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും വെളിച്ചമാവത്തില്ല ഇത് സ്വരൂപബോധത്തെ കുറിച്ച് പറയുന്നു ആ സ്വരൂപ ബോധത്തിൽ ഉള്ള പ്രപഞ്ചാനുഭവത്തെക്കുറിച്ച് പറയുന്നു അങ്ങനെ ഏത് തരത്തിലുള്ള വ്യവഹാരമായാലും ശരി ഇവിടെ പറയുന്നു ആവിർഭാവത്തിലോ ഭാവം ആത്മനോ അന്നം ആത്മതോ ബലം ആത്മതോ വിജ്ഞാനം ആത്മതോ ധ്യാനം സർവതും എല്ലാം അപ്പോൾ ആത്മബോധത്തിൽ ഇന്നതയാകാവൂ എന്ന് പറയുന്നില്ല എന്തുവാകാം ധ്യാനുമാകാം ഉപാസനയാകാം അത് ആത്മബോധത്തിൽ നിന്നുകൊണ്ട് അതുകൊണ്ട് സാധിക്കേണ്ട ആത്മബോധം ആത്മബോധത്തിൽ നിന്ന് അന്യമായി വേറൊന്നും ഇല്ല അത് ആത്മാവിൽ നിന്നല്ല കാരണം ആത്മാവിൽ വ്യവഹാരമില്ല അത് നിത്യശുദ്ധ ബുദ്ധ മുഖം ആത്മബോധത്തിൽ വ്യവഹാരം ഉണ്ട് രണ്ടും തമ്മിൽ വ്യത്യാസം ആത്മാവൊന്നും ചെയ്യുന്നില്ല മായം ഹന്തിന് ഹഞ്ഞത അവിടെ അതൊക്കെ വിശദീകരിച്ചാണ് ആത്മാവ് എന്ന തലത്തിൽ ഒന്നുമില്ല അവിടെ വ്യവഹാരമുണ്ട് അതിന് സംശയമുണ്ടെങ്കിൽ സുഷുപ്തി നോക്കുക നമുക്ക് മനസ്സിലാക്കുക ഒരു ഉദാഹരണേ ഉള്ളൂ അവിടെ വ്യവഹാരമുണ്ട് എന്തുകൊണ്ടവിടെ കേവലമായ ആത്മാവ് മാത്രം അവിടെ നോക്ക് പറയാൻ പറ്റത്തില്ല ആത്മതഹാസ ആത്മതസ്മര ആത്മത ആകാശം ഇതൊന്നും പറയാൻ പറ്റില്ല പറയുന്നതും ചിന്തിക്കുന്നതുമായ വ്യവഹാരങ്ങളൊന്നും അവിടെയില്ല ആത്മജ്ഞാനി ആത്മാവിനെ ആശ്രയിച്ച് വ്യവഹാരം ചെയ്യുകയല്ല പക്ഷെ ആത്മബോധത്തെ ആശ്രയിച്ച് വിവഹിക്കുന്നു ആത്മാവിനെ ആശ്രയിക്കാൻ വേണ്ടി ഇവിടെ ആത്മജ്ഞാനി വേറെയില്ല ബ്രഹ്മവി ബ്രഹ്മവിവാസയും ആത്മാവ് തന്നെ അവിടെയാണ് വിദ്യയുടെ പ്രാധാന്യം അതുകൊണ്ടാണ് ആദ്യം ഇത് പറഞ്ഞിട്ട് തുടങ്ങിയത് ഏവം പശ്യത ഏവം അന്വാനസ്യവും വിജാനത ഇതൊക്കെ ആ ബോധത്തെ സൂചിപ്പിക്കുന്നത് ആ ബോധത്തിന്റെ വിവിധ തലങ്ങൾ ഇവിടെ എങ്ങനെയാണോ അതിനെ വിശദീകരിക്കുന്നത് ശ്രുതി ഉപദേശിക്കുമ്പോൾ എങ്ങനെയാണോ ഒരുവനതിനെ ഗ്രഹിക്കുന്നത് അത് ആ തരത്തിൽ ആ ബോധത്തിൽ ും പഴയ ചോദ്യം ചോദിക്കരുത് ആത്മബോധം തന്നെ ആത്മാവ് വിഷയമല്ലാതിരിക്കുമ്പോ പിന്നെ ആത്മബോധം എന്തോ അത് ചോദിക്കരുത് കാരണം ശ്രുതി പറയുന്ന ആത്മബോധത്തെ കുറിച്ചാണ് ശരി ആത്മാവ് വിഷയമല്ലാന്നുള്ള ബോധമായിക്കോട്ടെ ദോഷമില്ല അങ്ങനെ ആയാലും ഏതരത്തിലായാലും ശരി അത് ശ്രുതി ബോധിപ്പിക്കുന്ന തരത്തിലുള്ള സ്വരൂപബോധം അല്ലെങ്കിൽ ഗുരു ബോധിപ്പിക്കുന്നു പറയും ആ ബോധത്തിൽ സർവവ്യവഹാരവും നടക്കുന്നു അതാണ് ആത്മജ്ഞാനിയുടെ വ്യവഹാരം ആത്മാവും നിർഗുണവും നിരാകാരവും നിശ്ചലവും പറയുന്നത് എന്താണ് നിസ്തരംഗ സമുദ്രം എന്നെല്ലാം പറയുന്നു ഇതൊക്കെയാണെങ്കിലും ആത്മനിഷ്ഠയിൽ ആത്മജ്ഞാനി ആത്മബോധത്തെ ആശ്രയിച്ച് വ്യവഹരിക്കുന്നു അത് എങ്ങനെ ആത്മാവ് നിത്യശുദ്ധ മുക്തമായിരുന്നിട്ടും ഒരു ജീവൻ പ്രപഞ്ചബോധത്തെ ആശ്രയിച്ച് വ്യവഹരിക്കുന്നത് പോലെ ആത്മാവിനൊന്നും ഒരിടത്തും മാറ്റമില്ല ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ഭേദമില്ല നിത്യശുദ്ധമുക്തമായി തന്നെ സർവത്രയിരിക്കുന്നു പക്ഷെ അജ്ഞനെന്ത് ചെയ്യുന്നു ഈ പ്രപഞ്ചബോധത്തെ ആശ്രയിച്ച് വിവഹരിക്കുന്നു അതിനെ നമ്മൾ പറയുന്നു അജ്ഞാനം മായ അവിദ്യ അല്ലെങ്കിൽ അതിനെ ആശ്രയം അജ്ഞാനമാണ് വിവഹാരം തന്നെ അജ്ഞാനമാണ് അത് മിഥ്യ അജ്ഞാനമാണോ അതോ മിഥ്യാജ്ഞാനമാണോ ഇങ്ങനെ തർക്കിച്ചിട്ട് കാര്യം അങ്ങനെയൊക്കെ തർക്കങ്ങളുണ്ട് ചില പറയും അത് മിഥ്യാജ്ഞാനമാണ് ്ഞാനമാണ് മിഥ്യാജ്ഞാനമാണെങ്കിൽ അത് മിഥിയുടെ ജ്ഞാനമാണ് അത് മിഥ്യയാകുന്ന ജ്ഞാനമാണ് ഇങ്ങനെയൊക്കെ ഉള്ള വാദവിവാദങ്ങൾ കോലാഹലങ്ങൾക്കൊന്നും അർത്ഥമില്ല ജീവൻ വഹരിക്കുന്നു അത് അനുഭവമാണ് അവന് ആത്മബോധമല്ലാതെ വ്യവഹരിക്കുന്നു അത് സംഭവിക്കാമെങ്കിൽ ഇവിടെ പറയുന്ന ഈ സ്വരൂപബോധം ശ്രുതി ഉപദേശിക്കുന്നു സ്വരൂപബോധം കൊണ്ടോ അതുപോലെയുള്ള വ്യവഹാരം സംഭവിക്കാം അങ്ങനെ എടുത്തു പറയുന്നത് എന്താണ് അത്മജ്ഞാനം വന്നു കഴിഞ്ഞാൽ പിന്നെ സമാധിയാണ് പിന്നീട് പ്രപഞ്ചബോധം ഉണ്ടാകത്തില്ല അങ്ങനെ ഇരുന്നു പോകും ശരീരം നശിച്ചു പോകും ഇങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണകളുണ്ട് ആത്മജ്ഞാനത്തെ സംബന്ധിച്ച് അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾക്കൊന്നും അവകാശമില്ല ആത്മബോധത്തിലും വ്യവഹാരം സംഭവിക്കുന്നു അതാണ് ഗുരുവിന് ശിഷ്യനുമുള്ളത് ശാസ്ത്രമുള്ളത് ഉപദേശമുള്ളത് ബന്ധമോക്ഷങ്ങളെല്ലാം ഉള്ളത് ഇതെല്ലാം വ്യവഹാരമാണ് അത് അജ്ഞന് സമന്ത വ്യവഹാരത്തിന്റെ ാഹ്യമായ തലത്തിൽ ബാഹ്യദൃഷ്ടിയിൽ ജ്ഞാനിയുടെയും അജ്ഞന്റെയും വ്യവഹാരത്തിൽ വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അതൊരിക്കലും കഴിയത്തില്ല കാരണം ആത്മബോധം അത് ഏത് ബോധമായാലും ശരി അത് സുസംവേദ്യമെന്നാണ് തന്റെ ബോധത്തെ തനിക്ക് അറിയാൻ പറ്റും മറ്റൊരാൾക്ക് അറിയാൻ പറ്റത്തില്ല ബോധം അയാൾക്ക് പരിചയമുള്ളതാണ് താൻ എങ്ങനെ വിവരിക്കുന്നു അതുപോലെ തത്വജ്ഞന്റെ ബോധം എന്താണെന്ന് അയാൾക്കും അറിയാം അപ്പോൾ ഈ രണ്ട് തലത്തിലും ഒന്ന് അജ്ഞന്റെ തലത്തിൽ മറ്റൊന്ന് തത്വജ്ഞന്റെ തലത്തിൽ വ്യവഹാരം നടക്കുന്നു അപ്പൊ തലത്തിൽ വ്യവഹാരം നടക്കുമ്പോൾ ഈ പറയുന്നതെല്ലാം പ്രാണൻ ആശാസ്മര അതൊക്കെ എങ്ങനെയാണെന്ന് നേരത്തെ പറഞ്ഞു അതിനെ ഉപാസിക്കുന്നു ഉപാസിച്ചിട്ട് അവൻ കാമചാരിയാകുന്നു അതിൻ്റെ ഫലത്തെ പ്രാപിക്കുന്നു ഉപാസനയുടെ സിദ്ധിക്കനുസരിച്ചയാൾ അതിനെ ആശ്രയിച്ചുള്ള ആ വിഷയത്തെ ആശ്രയിച്ചുള്ള ഫലങ്ങളെ പ്രാപിക്കുന്നു ഇവിടെ പറയുന്നു ആ സ്വരൂപ ബോധത്തിൽ അങ്ങനെ ഒരു സർവത്വം പ്രാപിക്കുന്നു സർവനാപ്തമായി കൃതകൃത്യനായി കൃതാർത്ഥനായി എന്നെല്ലാം മുമ്പ് പറഞ്ഞു ഞാൻ സർവതന്ത്ര സ്വതന്ത്രനായി ആത്മതഹ മന്ത്ര ആത്മതഹ കർമാണി ആത്മദ മന എല്ലാം ആത്മബോധത്തിൽ മനസ്സും ആത്മബോധത്തിലാണ് പ്രാണനും ആത്മബോധത്തിലാണോ അവൻ്റെ കർമ്മങ്ങളും ആത്മബോധത്തിലാണ് ആത്മതയേവ ഇതം സർവം പറയുന്നു ഇത് സർവവും ആത്മബോധത്തിൽ അതാണ് വിദ്വാന്റെ ജ്ഞാനിയുടെ സവിശേഷത മറ്റുള്ളതെല്ലാം എന്താണ് അത്തരത്മബോധത്തെ അത്തരൊരാത്മബോധത്തിൽ ഒരുവനെ എത്തിക്കുന്നതിനുള്ള ഉപായങ്ങൾ പല തരത്തിലുള്ള ഉപായങ്ങൾ കർമ്മമായിട്ടോ ഉപാസനയായിട്ടോ അയാളുടെ അന്ധക്കണ്ണശയ്ക്ക് ഉപകരിക്കുന്നതോ മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് ഉപകരിക്കുന്നതോ കാമാതി ദോഷങ്ങളെ ഇല്ലാതാക്കുന്നതിന് ഉപകരിക്കുന്നതോ ആയിട്ടുള്ള സാധനങ്ങൾ ബാക്കി സർവെ എന്ത് തരത്തിലുള്ള വ്യവഹാരങ്ങളാണോ തത്വജ്ഞാനിയിൽ തുടർന്നു വന്നത് ആ വ്യവഹാരങ്ങൾ പിന്നീട് എങ്ങനെ ആണെന്നുള്ളതിന് പ്രത്യേകിച്ച് ബാഹ്യമായ വ്യവസ്ഥകളൊന്നുമില്ല അതതുപോലെ തുടരാഞ്ഞാലും പ്രാപിച്ചു കഴിഞ്ഞാലും തുടരാ ഉപാസന ഭജന തുടങ്ങിയ കാര്യങ്ങൾ തുറന്നുകൂടാന്നില്ല തുടരാ അങ്ങനെയാണ് പ്രാരബ്ധെന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ വ്യത്യാസം എന്താണ് മുമ്പ് അതെല്ലാം അനുഷ്ഠിച്ചത് ഫലത്തിനു വേണ്ടി കാമചാരിയായി ഉന്നതം നേടണം അതിനുവേണ്ടി ചെയ്തൂടെ അങ്ങനെ ഒരു സങ്കല്പമില്ല അത് സർവം പ്രാപ്തമായി ആത്മരൂപത്തിൽ സർവവും പ്രാപ്തമായി അടുത്ത് ഞാൻ ആ കാമങ്ങളെക്കുറിച്ചും ഉപാസനകളെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചും ഇനി വിശദീകരിച്ച് ഓരോന്നിനെ കുറിച്ചും പറയും അതങ്ങനെ ആത്മബോധങ്ങളുണ്ട് അതുകൊണ്ടവിടെ സർവനിത്യ ആപ്തമായിരിക്കുന്നുണ്ട് എന്തിനെങ്കിലും പ്രാപിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല കർമ്മമോ ഉപാസനകളോ ഒന്നും ചെയ്യുന്നുണ്ട് എന്താണോ അനുവർത്തിച്ച് വരുന്നത് അതിൽ അനുവർത്തിക്കാം അനുവർത്തിക്കാതിരിക്കാം അവസാനിക്കേണ്ടതാണെങ്കിൽ അവസാനിക്കും തുടരേണ്ടതാണെങ്കിൽ തുടരണം പക്ഷെ രണ്ടും തമ്പല് ഇതുപോലെയാണ് അന്ധന്റെ വ്യവഹാരവും കണ്ണുള്ളവന്റെ വ്യവഹാരവും പോലെയുള്ള വ്യത്യാസം ആ വ്യവഹാരത്തെ അന്ധനൊരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല കണ്ണുള്ളവന് മനസ്സിലാക്കാം കണ്ണുള്ളവന്റെ വ്യവഹാരം എങ്ങനെയാണ് കാരണം അത് അയാളത് അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേറൊരാളും ഇതുപോലെ ആയിരിക്കും കണ്ണുണ്ടെങ്കിൽ കാണുന്ന ഇതുപോലെയായിരിക്കും എന്നാൽ അയാൾക്ക് പറയാം വേറെ ആളുടെ കാഴ്ചയല്ല അയാൾ കാണുന്നത് അതാണ് ആത്മജ്ഞാനിയാണോ അല്ലയോ ചോദിക്കുന്നത് ഇതുപോലെയാണ് ഒരാൾ കണ്ണുകൊണ്ട് കാണും കണ്ണുള്ള ഒരാൾക്ക് മനസ്സിലാകാം എന്ത് മനസ്സിലാക്കാം അയാളുടെ കാഴ്ചയല്ലേ മനസ്സിലാക്കും അത് കണ്ടുകൊണ്ട് കാണുകയാണെങ്കിൽ ഞാൻ കാണുന്ന പോലെ ആയിരിക്കും ഇത്രയും മനസ്സിലാക്കാൻ പറ്റും എന്റെ കാഴ്ച പോലെയായിരിക്കും അയാളെയും ഞാൻ കാണുന്ന രൂപങ്ങളെ ആയിരിക്കും അയാൾ കാണുന്നത് അപ്പോൾ കാഴ്ചയുടെ സമാനത അതേ മനസ്സിലാവും അയാളുടെ കാഴ്ച എനിക്ക് കിട്ടും എന്റെ കാഴ്ച അയാൾക്ക് കിട്ടും ആത്മബോധത്തെ അങ്ങനെ മനസ്സിലാക്കും അതല്ലാതെ ആത്മബോധത്തെ തിരിച്ചറിയാൻ വഴിയില്ല മറ്റൊരുവൻ ഫലം ഇതാണ് എന്താണ് ആത്മീയവേദം സർവം ആത്മബോധം കൊണ്ട് സർവത്മാവായി തീർന്നു ആത്മാവ് സർവവുമായി തീർന്നില്ല ആത്മാവ് സർവമാണ് എപ്പോഴും ആത്മബോധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജ്ഞാനിയാണെങ്കിലും അജ്ഞാനിയാണെങ്കിലും അതിന് മാറ്റമൊന്നുമില്ല ഇവിടെ ആ സ്വരൂപ ബോധത്തിൽ സർവ്വ വ്യവഹാരവും അന്ധനിലേക്ക് കാഴ്ച കിട്ടിയതുപോലെ പ്രകാശം കൊണ്ടതുപോലെ അതുവരെ അന്ധനായിരുന്നവന് പ്രകാശം ഒന്നാണ് സർവ്വ വ്യവഹാരങ്ങളും പ്രകാശങ്ങളുണ്ടാവും അവിടെ ആ വ്യവഹാരത്തിന് ഒരു പൂർണത വരും നാല് ഇന്ദ്രിയങ്ങളും കൂടാതെ അഞ്ചാമത്തെന്ദ്രിയം കൂടി പ്രവർത്തിക്കുന്നു അതൊരു പ്രത്യേക അനുഭവമാണ് അതെങ്ങനെ അന്ധന് മനസ്സിലാകും അതുപോലെ തന്നെ ഇവിടെ ആത്മീയവേദം സർവം സർവത്മാവ് തന്നെ അതിന്റെ ഫലം സ്വാതന്ത്ര്യമാണെന്നുള്ളത് സദാത്മവിജ്ഞാനേതു സതീതാനി സ്വാത്മദേവ സമൃദ്ധവും സർവമെന്താണ് ആത്മബോധത്തിൽ അധിഷ്ഠിതമായി ആത്മബോധമെന്ന് പറയുമ്പോൾ അത് അമ്പരന്ന് പോയെന്തുകൊണ്ട് അതിനൂടെ പറയുന്നത് പശുതഹ മന്വാനസ് വിജാനത ഇതെല്ലാം ആത്മബോധത്തിന്റെ തെളിവുകളാണ് അതിനെ കുറിച്ച് ചിന്തിക്കുക മനനം ചെയ്യുക അറിയുക ആത്മബോധം എന്ന് പറയുന്നത് ഒളിഞ്ഞിരിക്കുന്ന ഒരു സാധനമായിട്ടല്ല പറയുന്നു ആത്മാവിനെ കുറിച്ച് ശ്രുതിബോധിപ്പിക്കുന്ന തരത്തിൽ ചിന്തിച്ചാൽ അത് ആ ബോധത്തിൽ സർവം നടക്കുന്നു എന്താ അതിന്റെ പ്രയോജനം അതെടുത്ത് പറയുന്നു തദ്ദേശശ്ലൂക്ക് നശ്യോ മൃത്യം പശ്യത്തി ന രോഗം നോതദുഃഖത പശ്യ പശ്യതിർമാനോതിർത്തി ത്രിദ്ധ പഞ്ചദ്ധ സപ്ത പുനശ്ചേകസ്മൃത ശതച്ച आहार सत्व सत्व नाम ल सर्वग्रंथीनाषाया तमसस्पाली भगवान्नकुम तमस्कंद इगछते സംസ്ഥ ഇത്യാഗക്ഷത്തെ ഏതസ്മർത്ഥേ ശ്ലോകവും മന്ത്രോവിഭവത്തി ആത്മബോധം മുമ്പ് പറഞ്ഞ സ്വരാജ്യസിദ്ധി ആത്മസ്വാതന്ത്ര്യം അതിന്റെ ആ അർത്ഥത്തിലാണ് ഈ പറയുന്ന മന്ത്രങ്ങൾ അതിന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ സവിശേഷത എന്താണ് വിദ്വാൻ മൃത്യു മരണം രോഗം ജുരാതി ദുഃഖഭാവം ആത്മബോധമുള്ളവന ശ്രവണാദികളിലൂടെ ആത്മബോധത്തെ ശ്രുതിയിൽ നിന്നും ആത്മബോധത്തെ നേടിയവൻ ഗുരുവിൽ നിന്നും ആത്മബോധത്തെ നേടിവൻ അവന്നെ പശ്യഹ പശ്യതി പശ്യതാശ്യവൻ ആത്മബോധം പറഞ്ഞുള്ള സ്വരൂപബോധം താൻ ആരാണെന്നുള്ള ബോധം അതാ സ്വരൂപബോധം തന്റെ പരമാർത്ഥം എന്താണ് എന്നുള്ള ബോധം ഞാനിപ്പോ തന്നെ കുറിച്ച് അറിയുന്നതിൽ നിന്നും കൂടുതലായി എന്താ അറിയാവുന്നത് തന്നെ സംബന്ധിച്ച് താനിപ്പോൾ തന്നെ സംബന്ധിച്ച് പുരുഷനായും സ്ത്രീയായും യുവാവായും വൃദ്ധനായുമെല്ലാം അറിയുന്നുണ്ട് പക്ഷെ ഇതിൽ കൂടുതലായി തന്നെ കുറിച്ച് എന്താ അറിയാനുള്ളത് അതാണ് പരമാർത്ഥം ആ പരമാർത്ഥബോധമുള്ളവൻ മൃത്യും അവൻ പിന്നെ മരണത്തെ എങ്ങനെ അറിയും താൻ പരമാർത്ഥമാണെങ്കിൽ തന്നിൻ്റെ ഇവിടെ മരണം താൻ പുരുഷനോ സ്ത്രീയോ ഒക്കെ ആണെങ്കിൽ മരിക്കും സംശയം വൃദ്ധനോ യുവാവോ ഒക്കെയാണെങ്കിലും മരിക്കും ഗുരുവായാലും മരിക്കും ശിഷ്യനായാലും മരിക്കും അവിടെയൊന്നും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ല പക്ഷെ താൻ പരമാർത്ഥമാണെന്ന് അറിഞ്ഞാൽ പിന്നെ മരണമില്ല മൃത്യു മരണം രോഗം ജ്രാതി ഇതൊന്നും എന്തൊക്കെയാണോ തൻ്റെ അന്ധകരണത്തിന് ക്ലേശത്തെ ഉണ്ടാകുന്നത് അതിന് എടുത്തു എന്തുകൊണ്ടാണ് അതിനടുത്ത് പറയുന്നത് നാരത്തിന്റെ ആവശ്യം എന്താണ് ദുഃഖം നിവൃത്തിയാണ് അതാ ചോദിച്ച് പിന്നെ ഈ ദുഃഖത്തിന്റെ മറുകരെ എത്തിക്കണം അതിനുള്ള സമാധാനം ഇവിടെ പറഞ്ഞുകൊടുക്കുകയാണ് പിന്നെ ദുഃഖത്തിന്റെ മറുഗര വിടുന്ന് എടുത്തുകൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സ്ഥലമുണ്ട് പിന്നെന്താണ് നിന്റെ സ്വരൂപ ബോധത്തിൽ ദുഃഖം രോഗം മരണം ഇതൊന്നും സ്വരൂപബോധത്തിൽ ഇതിനൊക്കെ അതങ്ങനെ സ്വരൂപബോധത്തിൽ കാണാതിരിക്കും കാരണം സ്വരൂപം പരമാർത്ഥമാണ് പരമാർത്ഥത്തെ മരണമില്ല അവിടെ രോഗമില്ല ദുഃഖമില്ല ജുരാതികളില്ല പിന്നെ ഇതൊക്കെ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതോ അത് പരമാർത്ഥത്തിലല്ല ശരീരത്തിനും മനസ്സിനും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കണ്ണില്ലാത്തവന് ഇതിനൊക്കെ അറിയുന്നില്ലേ കണ്ണില്ലാത്തവനും പുസ്തകത്തെ അറിയുന്നു മേശയെ അറിയുന്നുണ്ട് ഭക്ഷണത്തെ അറിയുന്നുണ്ട് ശരീരത്തെ അറിയുന്നു രോഗത്തെ അറിയുന്നു കണ്ണില്ലാത്തവനും ഇതെല്ലാം അറിയുന്നു പക്ഷെ കണ്ണുള്ളവനറിയുന്നതുമായിട്ടത് വ്യത്യാസമാണ് രണ്ടുപേരും അറിയുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ ഒരു വ്യത്യാസം എന്താണ് വെളിച്ചത്തിന്റെ വ്യത്യാസം ഒരാൾ വെളിച്ചത്തിൽ അറിയുന്നു ഒരാൾ ഇരളിൽ അന്ധതയിൽ അറിയുന്നു അത് സംബന്ധിച്ച് നിത്യ അന്ധകാരം അന്ധകാരത്തിൽ പുസ്തകത്തെയും അറിയാനാണ് മേശ ഒരാൾ വെളിച്ചത്തെ അറിയും ഇതൊരു വ്യത്യാസമില്ലേ ഇത് സംഭവിക്കുന്നുണ്ടോ സംഭവിക്കാമെങ്കിൽ അതുപോലെയാണ് ഇവിടെ വിവേകം അന്ധത ബോധം ബോധമില്ലായ്മ അതും ഈ ലോകത്തുണ്ടല്ലോ നമ്മി തന്നെ ഉണ്ടല്ലോ അതെല്ലാം അങ്ങനെയുണ്ടെങ്കിൽ ബോധമില്ലാമി എന്നറിയുന്നതിന്റെ സ്ഥാനത്ത് ബോധത്തിലറിയാം അനന്ത തടസ്സം തന്നെ തന്നെ പ്രകാശിക്കുന്നില്ലേ അറിവും അറിവില്ലായ്മയും അറിവില്ലായ്മയും നമ്മൾ ഓരോന്നിനും ഗ്രഹിക്കുന്നു അറിഞ്ഞും ഗ്രഹിക്കുന്നു അത് ഈ വ്യവഹാരത്തിൽ അജ്ഞ്യവഹാരത്തിൽ തന്നെയുണ്ട് അറിവും അറിവില്ലായ്മയും വിവേകവും വിവേകുമില്ലായ്മയും അങ്ങനെയാണെങ്കിൽ ആ പരമവിവേകം സ്വരൂപബോധം ആ സ്വരൂപബോധത്തിൽ പരമാർത്ഥബോധത്തിൽ അയാൾ മൃത്യും മരണം രോഗം എന്ന കാണുന്നില്ല സ്വസ്വരൂപത്തെ പരമാർത്ഥത്തെ കാണുന്നുള്ളൂ പരമാർത്ഥത്തെ അറിയുന്നുള്ളൂ വിദ്വാൻ മൃത്യം മരണം ശോകം രോഗം ജുരാതി ദുഃഖ ദുഃഖഭാവം ചാമി ആ ദുഃഖഭാവത്തെയും സുസ്വരൂപത്തിലാണ് കാണുന്നില്ല എന്ന രണ്ടെന്നുമില്ല വ്യത്യാസം ദുഃഖഭാവം എന്ന് പറയുന്നത് എന്താണോ ദുഃഖഭാവം ഞാൻ ദുഃഖിയാണെന്നുള്ള ഭാവം അതാണ് ദുഃഖഭാവം അപ്പൊ ദുഃഖഭാവം ഞാൻ ദുഃഖിയാണ് എന്നുള്ള ബോധമായ കൊണ്ടാകാൻ വഴിയില്ല വെളിച്ചത്തിലൂടെ ഇതിനെയൊക്കെ കാണുന്നവന് ഇരുലിനൂടെ എരിലൂടെ എങ്ങനെ അറിയുവായിട്ടു എല്ലൂടെ പിന്നെ അറിയാൻ പറ്റും പറ്റത്തില്ല വെളിച്ചത്തിൽ ഇതിനെ കാണുന്നവന് എരലിലൂടെ കാണാൻ പറ്റത്തില്ല അതുപോലെ ഈ വിദ്വാൻ പരമാർത്ഥബോധത്തിലാണ് ഇതിനെ കാണുന്നതാണ് ആദ്യം വിശദീകരിക്കുന്നത് സർവത്തെയും പരമാർത്ഥബോധത്തിൽ കാണുന്നു ആ പരമാർത്ഥബോധം തന്നെ സംബന്ധിച്ചാണ് ഈ കാണുന്നതെല്ലാം പരമാർത്ഥമൊന്നുമില്ല ബ്രഹ്മം പരമാർത്ഥമൊന്നുമില്ല ആത്മാവ് ഈശ്വരൻ പരമാർത്ഥമൊന്നുമില്ല താൻ സ്വസ്വരൂപം താൻ പരമാർത്ഥമാണ് തന്റെ സ്വരൂപം പരമാർത്ഥമാണെങ്കിൽ പിന്നെ അവിടെ ഇതിനൊക്കെ എന്താ സ്ഥാനം മൃത്യുവും മരണം രോഗം ഇതിനൊക്കെ അവിടെ എങ്ങനെ കാണാൻ പറ്റും ഇതൊന്നും ആ പരമാർത്ഥത്തിൽ പെടുന്നില്ല ഇതിനെ തുടർന്ന് വരുന്ന ദുഃഖതാം ദുഃഖഭാവം ഞാൻ ദുഃഖമാണ് ദുഃഖിയാണ് എങ്ങനെ പറ്റും അതേസമയം ഒന്ന് ചേരത്തിനെന്താണ് ഇയാൾ പ്രപഞ്ചത്തെ കാണുന്നെന്നും പറയും ദുഃഖത്തെ കാണുന്നില്ലെന്നല്ല പറയുന്നു മൃത്യു മരണം രോഗം ജ്വരം ഇതിനെയൊന്നും കാണുന്നില്ലെന്നല്ല അതിന്റെ തന്നെ അവിടെ പറയുന്നു ആത്മബോധത്തിൽ പരമാർത്ഥബോധത്തിൽ ഇതിനാ കാണാൻ പറ്റത്തില്ല മറ്റേതിലും പറയാം ഇന്നലെ വരെ ഇതിനെയൊക്കെ പരമാർത്ഥമാണെന്ന് കണ്ടതുപോലെ കാണാൻ പറ്റത്തില്ല ഇന്നലെ ഇതൊക്കെ പരമാർത്ഥമായിരുന്നു ദുഃഖഭാവം ഉണ്ടായിരുന്നു ഇതെല്ലാം തൻ്റേതാണ് ഇതിന്റെ പേരിൽ താൻ ദുഃഖിക്കുന്നു ഞാൻ ദുഃഖിക്കുന്നു എന്നുള്ള ഭാവം ഉണ്ടായിരുന്നു പക്ഷെ ഈ വെളിച്ചത്തിൽ എങ്ങനെയാണോ അന്ധന് വെളിച്ചം വന്നപ്പോ അന്ധന്റെ അതുവരെയുള്ള പ്രപഞ്ച ബോധം തന്നെ മാറിപ്പോയി അതുപോലെ ഇതെല്ലാം സർവപ്രപഞ്ചത്തെയും അനുഭവിച്ചു കൊണ്ടിരുന്നാലും തന്നിൽ സ്വരൂപബോധത്തിൽ ഇതൊന്നും തന്നിലുള്ളതായി അറിയുന്നില്ല ഇതിന് ഒന്നും തന്റേതായി അറിയുന്നില്ല അതെല്ലാം നിൽക്കേണ്ടിടത്ത് നിൽക്കും മനസ്സിൽ നിൽക്കേണ്ടത് അവിടെ നിൽക്കും ശരീരത്തിൽ നിൽക്കേണ്ടത് അവിടെ നിൽക്കും ബാഹ്യമായി നിൽക്കേണ്ടത് അവിടെ നിൽക്കും അതിന്റെ എല്ലാം പ്രതീതിയുണ്ട് അനുഭവമുണ്ട് അതിനനുസരിച്ചുള്ള വ്യവഹാരങ്ങളും ഉണ്ട് പക്ഷെ അവിടെ തന്നിൽ പരമാർത്ഥത്തിൽ ഇല്ലായെന്ന് താൻ പരമാർത്ഥമാണ് അവിടെ ഇതില്ല ബാക്കി ഈ പ്രപഞ്ചം ഇത് താൻ സൃഷ്ടിച്ചതല്ല ഈശ്വര സൃഷ്ടമാണ് ഇതിന്റെ വ്യവസ്ഥ അനുസരിച്ച് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഊഷ്ണൂഷ്ണമായും ശീതം ശീതമായും ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കും താൻ സ്വയം പരമാർത്ഥസ്വരൂപനാണ് തന്നിലിതെല്ലാം കാണുന്നു തന്നിലുള്ളത് പരമാർത്ഥഭാവമാണ് മറിച്ച് ദുഃഖഭാവമല്ല രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന ശരി സർവം ഹ സർവമേവ സപശ്യ ഹ അവൻ സർവത്തെയും കാണുന്നു ആത്മബോധത്തിൽ പശ്യതി ആത്മാനമേവ സ്വസ്വരൂപം പരമാർത്ഥം സ്വസ്വരൂപം പരമാർത്ഥമായി കാണുന്നു പിന്നെ ഇവിടെ താൻ ദുഃഖിയാകുന്നു തന്നിന് ദുഃഖമില്ലല്ലോ ദുഃഖമുണ്ടാകും ലോകത്ത് ദുഃഖം ഇരിക്കേണ്ടിടത്തിരിക്കും ദുഃഖം എവിടെയായിരിക്കുന്നത് അന്ധക്കരണത്തിൽ അവിടെ കാണും ദുഃഖനിമിത്തങ്ങൾ എവിടെ ബാഹ്യമായി അതെല്ലാം അവിടെ കാണും താൻ സ്വതന്ത്രനായി അതേപെട്ടു ലോകത്തെ സ്വതന്ത്രമാക്കാൻ പറ്റത്തില്ല എന്താ എന്തെങ്കിലും ഞാൻ പ്രകാശത്ത് കാണുന്നുകൊണ്ട് എനിക്ക് അന്ധന്റെ അന്ധതയെ മാറ്റാൻ അത് വരണമെങ്കിൽ അവനിൽ ചക്ഷു പ്രകാശിക്കണം അത്രയേ ഉള്ളൂ എനിക്കൊന്നും ഞാൻ കഴിയത്തില്ല അവന്റെ അന്ധത മാറാൻ അവന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ചക്ഷു അവനിൽ പ്രകാശിക്കും വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ന് സാധ്യമില്ല ആത്മാനമേവ സർവം തഥസർവം ആത്മനോമതി അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ് ഓരോ ഉപാസനയും ചെയ്യുന്നവന് യഥാകാമിത്തതി നേരത്തെ പറഞ്ഞു അതുവരെ അവന് സർവകാമചാരിയാകുന്നു അവിടേക്ക് അവൻ എന്ത് നേടാനുണ്ടോ അതൊക്കെ നേടുന്നു ഇവിടെ അങ്ങനെയല്ല കഥ സർവം ആത്മദേവൻ സർവത്തെയും പ്രാപിക്കുന്നു പ്രാപിക്കാന്ന് വെച്ചാൽ അവൻ സ്വർഗ്ഗത്ത് പോയി അവിടുത്തെ സുഖാനുഭവിക്കുകയും നരകത്തിൽ പോയി അവിടുത്തെ സുഖം അനുഭവിക്കുകയാണോ അല്ല പരമാർത്ഥ രൂപത്തിൽ അവൻ സർവാധാരമായിരിക്കുന്നു അതുകൊണ്ട് അവനെ വിശേഷിച്ച് പ്രാപിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഒന്നിനെയും സർവ സർവപ്രകാരേ ഏതു തരത്തിലായാലും ശരി ആത്മത ആത്മനഹ ആത്മത ആത്മനഹ ആത്മാനം ആത്മനി ആത്മനെ ഇങ്ങനെ ഏത് പ്രകാരത്തിലായാലും ശരി അവൻ ആത്മബോധത്തിൽ സ്ഥിതി ചെയ്യുന്നു അതാണ് ദുഃഖവിമുക്തി അല്ലാതെ ദുഃഖത്തെ മാറ്റി നിർത്താനോ ദുഃഖം ഉത്പന്നമാകാതിരിക്കാൻ നോക്കാനോ ഒന്നും കഴിയത്തില്ല അതൊക്കെ സംഭവിക്കും അതൊക്കെ പ്രപഞ്ച സ്വഭാവം അനുസരിച്ചു താൻ പരമാർത്ഥ സ്വരൂപനാണ് തന്നിൽ ഇതൊന്നുമില്ല ദുഃഖത്തിൽ നിന്നങ്ങനെ മുക്തി ഉണ്ടാവും ഞാൻ ആത്മാവാണെന്നുള്ള ബോധം ഉണ്ടായിക്കഴിഞ്ഞാല് പല്ലുവേദനയിൽ നിന്നും മുക്തി ഉണ്ടാവും തലവേദന മാറിക്കിട്ടോ അന്ന് പരസ്യമോള് കഴിച്ചല്ലേ പറ്റും കാരണം ബോധം എന്ന് പറയുന്നത് മനസ്സിലൊരു പരിണാമമല്ലേ ഒരറിവല്ലേ വിശക്കുന്നു നല്ലവണ്ണം ഞാൻ പരമാർത്ഥ സ്വരൂപനാണെന്ന് വിചാരിച്ചാൽ വിശപ്പ് മാറും മാറുന്നില്ല രോഗം വന്ന് പീഡിതനായിരിക്കും ഞാൻ അവികാരിയാണ് വികാരങ്ങളില്ലാത്തവനെന്ന് പറഞ്ഞാൽ രോഗമുണ്ടാക്കിയ വികാരങ്ങളൊക്കെ മാറും ും സംഭവിക്കുന്നുണ്ടല്ലോ ഒന്നും മാറേണ്ട കാര്യമില്ല ഇവിടെ ഇത്രേ പറയുന്നുള്ളന്താണോ ഇതെല്ലാം പരമാർത്ഥബോധത്തിൽ നിൽക്കുന്നു ഇല്ലാതാകുന്നു എന്ന് പറയുന്നു ഒരാൾ ഇരുളിൽ എല്ലാത്തിനെയും അറിയുന്നു ഒരാൾ വെളിച്ചത്തിൽ അറിയുന്നു ആ വെളിച്ചത്തിൽ അറിയുന്നുണ്ട് അയാൾക്കൊരു വിശേഷതയുണ്ടെന്താണോ ആണെന്ന് പറഞ്ഞ സ്വരാജ്യം ഇതൊക്കെ അറിയുമ്പോഴും ഇതൊക്കെ അനുഭവിക്കുമ്പോഴും രോഗവും ദുഃഖവും ഇതെല്ലാം അനുഭവിക്കുമ്പോഴും അനുഭവിക്കുന്ന വേളയിൽ തന്നെ അയാൾക്കതിൽ നിന്ന് മുക്തനാകാൻ കഴിയുന്നു എന്താ അജ്ഞൻ മുക്തനല്ലേ അജ്ഞന്റെ ആത്മാവ് മുക്തനാണല്ലോ വിനന്താ വ്യത്യാസം അജ്ഞനന്ദിത്യമുക്തനാണ് ഈ പറയുന്ന ജ്ഞാനിയും മുക്തനാണ് വിനന്ത വ്യത്യാസം അജ്ഞന് ഈ പറയുന്ന മൃത്യുവും മരണം രോഗം ജ്വര ഇതൊക്കെ അനുഭവിക്കുമ്പോൾ ആ ദുഃഖഭാവത്തിൽ നിന്നും ആ താതാത്മ്യത്തിൽ നിന്നും മോചനമില്ല വിദ്വാനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ താതാത്മ്യത്തിന് മോചി മോചിച്ചിരിക്കുന്നു അടുത്ത ഹൃദയഗ്രന്ഥികളെല്ലാം നിശ്ചയിക്കുന്നു ദുഃഖഭാവത്തിൽ നിന്നയാൾ ദുഃഖത്തിൽ നിന്നല്ല ദുഃഖം കൂടെ ഇരിക്കട്ടെ പക്ഷെ ദുഃഖഭാവത്തിൽ നിന്നും അവ വരുന്ന നിവർത്തിക്കുന്നു ഇങ്ങനെ പരമാർത്ഥ ഭാവം താൻ പരമാർത്ഥമാണ് എന്നാലും വീണ്ടും അവിടെ ദുഃഖ ശേഷിക്കത്തില്ലേ ദുഃഖിക്കത്തില്ല ഇരുന്നോട്ടെ അങ്ങനെ ദുഃഖം ഇരിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്താലെന്താ ഞാൻ ദുഃഖിക്കുന്നതിൽ അജ്ഞൻ എന്താ ഇത്രയും പ്രയാസം അജ്ഞൻ അതിനെക്കുറിച്ച് വ്യവലാതിപ്പെടേണ്ട കാര്യം അല്ലേ അന്ധൻ പറയുകയാണ് ഞാൻ സ്പർശിച്ചും രസിച്ചും മണത്തു വന്ന അറിയുന്നതിന് തന്നെ കണ്ണുള്ളവനും അറിയുന്നുണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം അവനൊരു വിശേഷ അറിവുകൾ ഉണ്ട് പ്രകാശം കൊണ്ടുള്ള ആ വ്യത്യാസത്തെയാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ദുഃഖാദികൾ പറയുന്നതിന് താല്പര്യം എന്താണോ ദുഃഖാദികളും മറ്റും ജ്വര അല്ലെങ്കിൽ രോഗം മൃത്യുവും മരണവും ഇതെല്ലാം ഒരു തത്വജ്ഞനിൽ പ്രകടമായാലും അത് ഞങ്ങൾ പ്രാരബ്ധെന്ന് പറയും അയാൾ കാണുന്നില്ല തന്നെ ബന്ധിക്കുന്നതായി കാണുന്നില്ല അതിനോട് താതാന്മ്യപ്പെട്ട് കാണുന്നില്ല തൻ്റെ സ്വാതന്ത്ര്യത്തെ അറിയുന്നു ഇത്രയുള്ള ശരീരം എന്ന് പറയുന്നത് വാതപ്പിത്തൊക്കെ പെങ്ങണ്ട വൈഷമ്യം വന്നാൽ അതിന് രോഗം ഉണ്ടാവും ജ്ഞാനിയായാലും ശരി അജ്ഞാനിയായാലും ശരി അപ്പൊ ആ രോഗം ഒരജ്ഞനാല് അസ്വതന്ത്രമാണ് ഒരു ജ്ഞാനിയുടെ സ്വാതന്ത്ര്യത്തെ അയാൾ സ്വരാജ്യത്തെ പ്രാപിച്ചിരിക്കുന്നു ആ സ്വാതന്ത്ര്യത്തെ ഇത് നശിപ്പിക്കത്തില്ല എന്ത് സ്വാതന്ത്ര്യം അസുഖം വന്നു കഴിഞ്ഞാൽ അതിന്റേതായ അസൗകര്യം വരുന്നില്ല മരുന്ന് കഴിക്കണം ഡോക്ടറെ കാണണം ഇതൊക്കെയാണ് സ്വാതന്ത്ര്യമല്ല ആന്തരികമായ സ്വാതന്ത്ര്യം ആത്മീയ മുക്തി എന്ന് പറയുന്നു അതിനെ ഇത് ബാധിക്കുന്നില്ല ബാഹ്യമായി ഇത് ബാധിച്ചോട്ടെ ഗുണാ ഗുണേഷുവർത്തന്തേ പ്രകൃതി പ്രകൃതിയോടെ ഇടപെടുന്നു ഭൂതങ്ങൾ ഭൂതങ്ങളോട് കുടിച്ചിരുന്നു അത് പ്രകൃതിയുടെ തലത്തിൽ അങ്ങേയറ്റം ഒന്നാ സൂക്ഷ്മമായി മനസ്സിന്റെ തലത്തിൽ നമ്മുടെ സുഖം പ്രത്യക്ഷപ്പെടാൻ ദുഃഖം പ്രത്യക്ഷപ്പെടാം കാമം പ്രത്യക്ഷപ്പെടാം ക്രോധം പ്രത്യക്ഷപ്പെടാം എന്ത് പ്രത്യക്ഷപ്പെട്ടാലും അത് വന്നതുപോലെ തന്നെ മഞ്ഞുപോകും അവനെ പിടിച്ചു നിർത്തുന്നില്ല തത്വജ്ഞാനിടാ ജ്ഞാന സ്വാതന്ത്ര്യത്തെ അധ്വാനിക്കുന്നില്ല ഉപാധികൾ ശരീരവും മറ്റും എങ്ങനെയാണോ അജ്ഞനഹനിക്കുന്നത് ബന്ധിക്കുന്നത് അത് തത്വജ്ഞാനിയെ ആ തരത്തിൽ സ്വാധീനിക്കുന്നില്ല അതാണിവിടെ പറയുന്നത് നേടേണ്ട കാര്യങ്ങളെ കുറിച്ചാണെങ്കിലോ അവനൊന്നും നേടേണ്ടതുമില്ല തത് സർവമാനോദി സർവശ്വസ്വരപ്രകാര ഈ കിഞ്ച് സവിദ്വാൻ പ്രാക്സൃഷ്ടി പ്രഭേദാദ് ഏകത ഇവഭവതി സൻ തി അനന്തേദപ്രകാരഭൂതി സൃഷ്ടികാലെ പുനഃസംഹാരകാല മൂലമേവാസ്വം പാരമാർത്ഥികം ഏകതാഭാവം പ്രതിബദ്ധത സ്വതന്ത്രയ വേദി എവിടെ പറയും സ്വതന്ത്രയ വേദിയതിനെ കുറിച്ച് നമ്മൾ സ്വരാജ്യം എന്നേ പറഞ്ഞോളൂ ഭാഷകാരൻ ഇപ്പോഴാണ് പറയുന്നു സ്വതന്ത്രം അതിനാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വിദ്യ ഫലേന പ്രോജൻ വിദ്യയുടെ ഫലം എന്താണ് ആ സ്വാതന്ത്ര്യം ആന്തരികമായ സ്വാതന്ത്ര്യം യുവാധികളെല്ലാം ആശ്രയിച്ച് ഈ ശരീരത്തിനുള്ളിൽ ജീവഭാവത്തിൽ ഇരിക്കുമ്പോഴും ഇതിൻ്റെ എല്ലാം ഒരു സ്വാതന്ത്ര്യത്തെ അവൻ അറിയുന്നു അങ്ങനെ വിദ്വാൻ പ്രാക് സൃഷ്ടി ഭേദ സൃഷ്ടിക്കും എങ്ങനെയായിരുന്നു സത്യേകമേ വാദ്തീയം അല്ലെങ്കിൽ സുഷൃക്തിയിൽ എങ്ങനെയായിരുന്നു ഏകമേ വാദ്തീയം സൃഷ്ടി സൃഷ്ടിക്കും മുമ്പ് എന്ന് പറയുമ്പോൾ നമ്മളെടുത്തോളം ജാഗ്രത് ജാഗ്രതത്തിന് മുമ്പ് മനസ്സിലാക്കാൻ മറ്റു മനസ്സിലാക്കാൻ പ്രയാസം പ്രളയം നമുക്ക് പരിചയമില്ല പക്ഷെ സുഷൃക്തി നമുക്ക് പരിചയമുണ്ട് സൃഷ്ടിയിൽ അതായത് ജാഗ്രത്തിൽ ഏകത ഇവഭൂതി ഇവിടെ മന്ത്രത്തിൽ പറയുന്നതാണ് ഏകതാഭവതി ത്രിതാഭവതി പഞ്ചദ സപ്തത നവത ഏകാദശ ഓരോന്നിനെ എടുത്തു എന്ന് ഏകനായിരിക്കുന്നു ഏകത്വം ആപേക്ഷികമാണെന്ന് പറഞ്ഞല്ലോ പറഞ്ഞോ ത്രിതാ ഭവതി പലതരത്തിലും ഇങ്ങനെ തന്നെ ആകണം ആത്രിഗുണമയനായിരിക്കുന്നു പഞ്ചതാ ഭവതി പഞ്ചേന്ദ്രിയ മയനായിരിക്കുന്നു സപ്താഭവതി അതിനോട് രണ്ടു കൂടി ഏതെങ്കിലും കൂട്ടിച്ചേർക്കുക മനസ്സോ മറ്റെന്തെങ്കിലും ആ ആരൂപത്തിൽ അവനിരിക്കുന്നു നവതാഭവതി നവദ്വാരേ പുരേ ദേഹി അങ്ങനെയിരിക്കുന്നു ഏകാദശ ഏകാദശ തത്വങ്ങളായിരിക്കുന്നു ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അവൻ ഇതൊക്കെ ആയിട്ട് ഇരിക്കേണ്ടി വരും സുഹൃത്തിയിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം വിട്ടിട്ട് ഏകനായിരിക്കും അല്ല അത് പോലാന്നുണ്ടെങ്കിൽ സമാധി എടുത്തോളൂ സമാധിയിലിരിക്കുമ്പോൾ ഏകതായിരിക്കുന്നു വിധാനത്തിലേക്ക് ഇങ്ങനെ പല രീതിയിലിരിക്കുന്നു അല്ല ഞാനീ സംബന്ധിച്ച് പറയുന്നു വിദ്വാനെ സംബന്ധിച്ച് പറയണം അവനെങ്ങനെ ഇരുന്നാലും ശരി പുനഃസംഹാരകാലേ മൂലമേവാസവും പരമാർത്ഥികൾ ഏകതാഭാവം പ്രതിപദ്തേ സ്വതന്ത്ര ഏവേദി വീണ്ടും സുഹൃത്തിയിലേക്ക് പോകുമ്പോൾ അവൻ ആ ഏകഭാവത്തിലിരിക്കുന്നു അല്ലെങ്കിൽ സമഷ്ടി പ്രളയത്തിലേക്ക് പോകുമ്പോൾ അവൻ ഏകഭാവത്തിലിരിക്കുന്നു ഏകഭാവത്തിലിരുന്നിട്ടാണല്ലോ ജാഗ്രതയിലേക്ക് വരുന്നു ജാഗ്രതയിലേക്ക് വന്ന് ഈ പല ഭാവങ്ങളെ പ്രാപിച്ചു ഇവിടെ എന്താ ഞാനീം അജ്ഞാനീം തമ്മിലുള്ള വ്യത്യാസം അജ്ഞൻ ആ ഏകഭാവത്തെ വിട്ടിട്ട് പല ഭാവത്തിലിരിക്കുന്നു ഞാനീ ആ ഏകഭാവത്തെ വിടാതെ പല ഭാവത്തിലിരിക്കുന്നു ഒരാൾ അതിനെ വിടുന്നു ഒരാൾ അതിനെ വിടുന്നില്ല അതിനു വേണ്ടിയിട്ടാണ് പറയുന്നു അടുത്ത് പറയുന്നത് അത് തന്നെയാണ് അസ്മൃതി ഒരാൾ നഷ്ടപ്പെട്ടു പോകുന്നു ഒരാൾക്ക് എങ്ങനെയല്ല അസ്മൃതി നിലനിൽക്കുന്നു എന്നുവെച്ചാൽ ബോധം ും പറഞ്ഞല്ലോ പുലി ഉറങ്ങിയാൽ പുലിയായിട്ട് ഉണരും കൊതുറങ്ങിയാൽ കൊതുകായിട്ടുണരും പന്നി ഉറങ്ങിക്കഴിഞ്ഞാൽ പന്നിയായി ഉണരും ഏത് ഭാവത്തിലാണോ ഏകീഭവിക്കുന്നത് ആ ഭാവത്തിൽ തന്നെ ഉണർന്ന് പുരുഷൻ ഉറങ്ങിയ ഉണരുന്നത് പുരുഷനായിട്ടല്ലേ ശരിയായിട്ട് ഉണരാൻ പറ്റും കഴിയത്തില്ല അങ്ങനെയാണെങ്കിൽ പരമാർത്ഥബോധത്തിൽ സ്വരൂപബോധത്തിൽ ആവൻ ഉറങ്ങുന്നതെങ്കിൽ ഉണർന്നാലും ആ സ്വരൂപബോധം തന്നെ പക്ഷെ നമ്മൾ പറയുന്നു സ്വരൂപബോധം ഉണ്ടായി ഇതൊന്നുമല്ല പരമാർത്ഥമാണെന്നുള്ള ബോധം ഉണ്ടായി പക്ഷേ ഉറങ്ങിയ നദി തന്നെ ഉണർന്നു വന്നപ്പം അതെല്ലാം വിസ്മരിച്ചു പഴയത്താനായി അതെന്താ അതിനടുത്ത് സമാനം പറയും ധ്രുവസ്മൃതി ആ ബോധം ധ്രുവമായില്ല അതുകൊണ്ട് ബോധം വേണ്ട രീതിയിൽ ഉള്ളിൽ സ്ഫിരിച്ചില്ല ആ ബോധസ്ഫരണത്തിനുള്ള തടസ്സങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടിയില്ല അങ്ങനെയാണെങ്കിൽ മാറ്റമൊന്നുമില്ല ഉറങ്ങുന്നത് പോലെ തന്നെ ഉണരുന്നു ദുനഃസംഹാരക്കാലം മൂലം ഏകസും പാരമാർത്ഥിയും ഏകതാഭാവം പ്രതിപത്തിന്റെ സ്വതന്ത്ര ഏവേദി പോക്ക് വരവ് അവൻ സ്വതന്ത്രനായിരിക്കുന്നു സുഹൃത്തിയിൽ സ്വതന്ത്രനാണെന്നുള്ളതിന് തർക്കമൊന്നുമില്ല സ്വം അപീതോ ഭവതി ശ്രുതി പറയുന്നു അപികത്തനാകുന്നു പരമാത്മഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു അവിടെ അവൻ സ്വതന്ത്രം പരമാത്മഭാവത്തെ പ്രാപിച്ചാൽ പിന്നെന്താ സ്വാതന്ത്ര്യം ഇല്ലല്ലോ അത് അനുഭവിക്കുന്നില്ലല്ലോ ഉറക്കത്തിലവൻ ദുഃഖഭാവത്തെ പ്രാപിക്കുന്നില്ലല്ലോ ജാഗ്രസ്വപ്നങ്ങളിലൊക്കെ ഉള്ളു അതല്ല അവിടെ അവൻ സ്വതന്ത്രനായിരിക്കുന്നു ഇവിടെ ബാഹ്യമായ നിമിത്തങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അസ്വാതന്ത്ര്യത്തിന്റെ നിമിത്തങ്ങളാണ് ശരീരം മനസ്സ് കർണങ്ങൾ പ്രപഞ്ചം എല്ലാം ഇതൊക്കെയാണ് അസ്വാതന്ത്ര്യത്തെ ഉണ്ടാകുന്നത് ഇവിടെ എന്താണ് അവൻ സ്വതന്ത്രനായി തന്നെ ഇരിക്കുന്നു ഈ നിമിത്തങ്ങളിരിക്കെ അവൻ സ്വതന്ത്രനായിരിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ പ്രാപഞ്ചികമായ എല്ലാ ഉപാധികളും അവനെ അസ്വതന്ത്രമാക്കുകയാണ് ശബ്ദസ്പർശ രൂപരിസഗന്ഥങ്ങളൊന്നുള്ളതല്ല സർവ്വതം എന്തൊക്കെയുണ്ടോ തന്റെ മുമ്പിൽ കാണുന്ന സർവ്വതം അവനെ അസ്വതന്ത്രമാക്കും പുസ്തകം മേശ എല്ലാം അസ്വതമാക്കും ഇതിനെല്ലാം അവനെ ആശ്രയിക്കേണ്ടി വന്നു അതാണ് അവന്റെ അസ്വാദം ഹിമാലയത്തിൽ പോണമെന്ന് ആഗ്രഹം അതിൽ കാശില്ല അസ്വാതന്ത്ര്യമാൻ്റെ അത് വിത്തം അസ്വാതന്ത്ര്യത്തെ ഉണ്ടാക്കുന്നു അസ്വാതന്ത്ര്യുണ്ട് അപ്പൊ ഈ പ്രപഞ്ച സർവ്വമിങ്ങനെപ്പോഴും അസ്വാതന്ത്ര്യം ഉണ്ടാക്കുന്നു ശരി എന്നീ വിത്തം വന്നുകഴിഞ്ഞു എന്ന സ്വാതന്ത്ര്യം ഇല്ല മറ്റെന്തെങ്കിലും വന്നു വണ്ടി കിട്ടാതെ പോയി പലതരത്തിൽ അസ്വാതന്ത്ര്യം ഉണ്ടാക്കുന്നു ഇത് ഏതെങ്കിലും ഒന്നിന് നമുക്ക് പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം തരാനോ അസ്വാതന്ത്ര്യത്തെ നിലനിർത്താനോ കഴിയില്ല ഒന്ന് തരുമ്പോൾ വേറൊന്നു ചേർന്നു അപ്പോ ഈ ദ്വന്ദ്വാത്മകമായ പ്രപഞ്ചം പൂർണ്ണമായും അസ്വാതന്ത്ര്യം തരുന്നു പക്ഷേ ഇതേ പ്രപഞ്ചം ഇതേ രൂപത്തെ നനാക്കുമ്പോൾ തത്വജ്ഞാനിയുടെ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുന്നു അത് ആന്തരികമായിട്ട് ഭാഗ്യമായിട്ട് അത് സാധ്യമല്ല ആ സമ്പത്ത് കൈവരുന്നതും പോകുന്നതും അനുസരിച്ചല്ല അയാളുടെ സ്വാതന്ത്ര്യം അയാളുടെ സ്വാതന്ത്ര്യത്തെ ഒന്നിനെ ഭഞ്ജിക്കാനും വേറെ ഒന്നിനെ നിലനിർത്താനും കഴിയത്തില്ല പറയുന്നത് ആകാശവ് നെല്ലേപ്പെല്ലാം പറയും ആ സ്വാതന്ത്ര്യത്തെ കാണിക്കുകയാണ് അതിന് ദൃഷ്ടാന്തമായിട്ടാണെന്ന് പറഞ്ഞത് സിഷ്ടികാലവും സംഹാരകാലവും സംഹാരകാലത്തിൽ അവൻ സ്വതന്ത്രനാണ് അതറിയണ്ട ഈ സ്വാതന്ത്ര്യം എങ്ങനെ ഇരിക്കും സൃഷ്ടികാലത്തിൽ അവൻ വീണ്ടും അസ്വതന്ത്രനാവുന്നു ആ സംഭാരകാലത്തിലെ സ്വാതന്ത്ര്യത്തെപ്പോലെ സൃഷ്ടിക്കാലത്തിലും സ്വതന്ത്രനായിരിക്കുന്നു അവനാണ് ഞാൻ വിദ്വാൻ അതെന്റെ ഫലമാണ് വിദ്യ ഫലേനെ ചെയ്യൻ ആ വിദ്യയുടെ മഹത്വത്തെ സ്ഥിതിക്കാണ് അങ്ങനെ ഒരു ആത്മ സ്വാതന്ത്ര്യം പരമാർത്ഥബോധം കൊണ്ടുവരുന്ന ആ സ്വാതന്ത്ര്യം അതിനെ സ്ഥിതിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അത് ഇതും യഥോക്തായ വിദ്യാസകാരണം വിശുദ്ധികാരണം ഈ പറയുന്നത് ശരിയാണ് അങ്ങനെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തെ ഈ വിദ്യ കൊടുക്കുന്നു പരമാർത്ഥബോധം പക്ഷെ ആ പരമാർത്ഥബോധം എനിക്കുണ്ട് പക്ഷെ എനിക്ക് ആ സ്വാതന്ത്ര്യം ഇല്ല അങ്ങനെ പറയുള്ളൂ പരാതി പറയുന്നത് പോലെ പരമാർത്ഥബോധം എന്താണ് ഇതിലെന്നറിയുന്നു ശ്രവണ മനനങ്ങളിലൂടെ ആത്മാവിനെ കുറിച്ചറിയുന്നു അതെൻ്റെ സ്വരൂപമാണെന്നറിയുന്നു അതൊക്കെ അത്രയൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷെ ഈ പറയുന്ന ആന്തരികമായ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന ഒരു കെട്ടുകഥ പോലെ തോന്നുന്നു സ്വപ്നം പോലെ ഒരു വിദൂര സങ്കല്പം പോലെ തോന്നുന്നു അത് അതൊരു അനുഭവത്തിലേക്ക് വരുന്നില്ല എന്തുകൊണ്ട് അതിന് സമാനം പറയുന്നു യഥോക്തായ വിദ്യായാഹ വിദ്യയുടെ സമ്യക് ഔഭാസ കാരണം വിദ്യയുടെ സമ്യക് സ്ഥിതി അത് വന്നിട്ടില്ല സമ്യക് പ്രകാശം വന്നിട്ടില്ല എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു തകരാറ് എവിടെയൊക്കെയോ ഒരു തടസ്സം അതുപോലെ മുഖ അവകാസ കാരണസ്യോ ആദർശസ്യോ മുഖത്തിന്റെ പ്രതിബിംബം വളരെ സ്വച്ഛമായി തെളിഞ്ഞ കണ്ണാടിയിൽ എങ്ങനെയാണോ അതുപോലെ എല്ലായിടത്തും സംഭവിക്കുന്നില്ലല്ലോ കണ്ണാടിയുടെ തെളിവിനനുസരിച്ച് മുഖം നല്ല മനോഹരമായി കാണാൻ പറ്റുന്നു റ വന്നുകഴിഞ്ഞാൽ കുറയുന്നു അതുപോലെ ഇവിടെ സത്വ ശുദ്ധിക്കനുസരിച്ച് ആ പ്രകാശം കൂടുന്നു അല്ലേ വയസ്സായി തിമിരം വന്നു പിന്നെ പഴയതുപോലെ പ്രകാശം പ്രകാശം മുമ്പിലുണ്ടെങ്കിലും പ്രകാശിക്കുന്നു അത് പ്രകാശത്തിന്റെ കുറ്റം വന്നു ആണോ കണ്ണിന്റെ തകരാറല്ലേ അവസാന അന്ധതയിലേക്കും പോവാം ചികിത്സിച്ചു കഴിഞ്ഞാൽ വീണ്ടും പഴയ പ്രകാശത്തിലേക്കും വരാം എന്ത് സംഭവിച്ചു ഇതൊന്നും പ്രകാശത്തിന്റെ തകരാറില്ലല്ലോ ഇതിന് ആത്മവിദ്യ എന്ത് പഴച്ചു വിശുദ്ധികാരണം സാധനം അത് വിശുദ്ധിയുടെ കുറവാണ് അന്ധക്കരണ ശുദ്ധിയുടെ കുറവ് അതാണോ ഒരു ശിഷ്യനോട് പറഞ്ഞു ശിഷ്യൻ ഒരുപാട് തവണയൊക്കെ ഇത് കേട്ടിട്ട് ശരിയാകുന്ന ഒരു ശിഷ്യനോട് പറഞ്ഞു ശിഷ്യനക്ക് എന്തായാലും ശരിയാകത്തരും അന്ധക്കരണ ശുദ്ധിയില്ല അതാ കാരണം ശിക്ഷ്യൻ തിരിച്ചു ചോദിക്കണം എന്താ ഗുരുവിന്റെ അത്രയും ശുദ്ധി പോരെ അത്രയും ശുദ്ധി എനിക്ക് വന്നാ പോരെ തിരിച്ചു ചോദിക്കണം എന്നുവെച്ചാ ഇപ്പൊ എനിക്ക് ഗുരുവിനെ കാണുന്ന ശുദ്ധി വന്നു എന്നാണ് അപ്പൊ എനിക്ക് ശരിയാകത്തങ്ങനെ ഗുരുവിന് ശരിയാകും എന്നാണ് അങ്ങനെയാണെങ്കി ശരിയാകത്തില്ല ശുദ്ധിയുണ്ടെങ്കിൽ എന്നോട് പരാതിയില്ല ചോദിക്കേണ്ട കാര്യമുണ്ട് സമ്യക് അവഭാസ കാരണം ശരിയായ അവഭാസം ബോധം അതിനുള്ള കാരണം ആ മനസ്സിന്റെ തെളിച്ചം അതാണ് അതിനെന്താ വേണ്ടെന്നുള്ളതാണ് അടുത്ത ചർച്ച ചെയ്യുന്നത്